പതിമൂന്നെ അവസാന ഭാഗത്തിലേക്ക് വരുന്നു പതിനെട്ടാമത്തെ വാക്യം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ സകലത്തില് നല്ലവരായി നടപ്പാൻ ഇച്ഛയ്ക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷി ഞങ്ങൾ ഉറച്ചിരിക്കുന്നു ഇവിടെ എബ്രാഹിം ലേഖനകാരൻ ആദ്യമായിട്ട് എബ്രാഹിം ലേഖനകാരൻ ആദ്യമായിട്ട് തന്നെ തന്നെ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഭാഗമാണിത് എബ്രാഹിം ലേഖനം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആരാണ് എഴുതിയതെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എന്നാൽ ആ ലേഖനം എഴുതി അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് എബ്രാഹിം ലേഖനകാരൻ തന്നെക്കുറിച്ച് തന്നെ തങ്ങളെക്കുറിച്ച് തന്നെ ആദ്യമായിട്ട് പറയുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ പറയുന്നത് എന്താ സത്യത്തിൽ നിസ്സഹായൻ്റെ നിലവിളിയാണ് പ്രാർത്ഥന സഹായമില്ലാത്ത ഒരാളുടെ നിലവിളിയാണ് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടേതായ ഒത്തിരി വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ ഒരു നിസ്സഹായതയോടെ നിസ്സഹായൻ്റെ നിലവിളി നിസ്സഹായതയോടെ നമ്മൾ ദൈവത്തെ നോക്കി നിലവിളിക്കുന്നതാണ് പ്രാർത്ഥന അപ്പോൾ ആ ഒരു കാര്യമുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത് നമ്മൾ നിസ്സഹായരാകാതെ നമ്മിൽ തന്നെ ശക്തരായിട്ട് നിന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയായിട്ട് ദൈവം കണക്കെടുക്കുന്നില്ല എന്നാൽ നിസ്സഹായതയോടെ ദൈവമേ ഞങ്ങൾക്ക് മറ്റാരും ഇല്ല എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ അവിടുന്ന് സഹായിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനെയാണ് ദൈവം പ്രാർത്ഥനയായിട്ട് കണക്കെടുക്കുന്നത് ഇവിടെ ഇതാ ഇബ്രാഹി ലേഖനകാരൻ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി എന്തിനാണ് ഇബ്രാഹിം ലേഖനകാരൻ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാർക്ക് വേണ്ടി മതി എബ്രഹി ലേഖനകാരന് വേണ്ടി മതി കാര്യം നമ്മൾ ഈ പതിമൂന്ന് അധ്യായങ്ങൾ പഠിച്ചു എത്ര ഖനഗംഭീരമായ കാര്യങ്ങളാണ് താൻ പറയുന്നത് തനിക്ക് പഴയ നിയമത്തിൽ നല്ല പ്രാവീണ്യമുണ്ട് പഴയ നിയമത്തിലെ കാര്യങ്ങളെ എടുത്ത് പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ സത്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും മിടുക്കരായ യഹൂദന്മാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കത്തക്കവണ്ണമുള്ള ആർഗ്യുമെൻറ്റുള്ള ആൾ അങ്ങനെയുള്ള വാദമുഖങ്ങളുള്ള ആൾ നല്ല ബുദ്ധിശക്തിയുള്ള ആൾ കഴിവുള്ള ആൾ അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഇബ്രാഹിം ലേഖനത്തിൽ പരിചയപ്പെടുന്നത് നമ്മൾ ഇന്ന് പല കാര്യങ്ങളും നമുക്കറിയാം എന്നാൽ ഇത് ഒന്നാം നൂറ്റാണ്ടിൽ എഴുതുന്നതാണെന്ന് ഓർക്കണം ഒന്നാം നൂറ്റാണ്ടിൽ ഏത് മാത്രമേ ഉള്ളൂ യഹൂദാ മതം മാത്രമേ ഉള്ളൂ യഹൂദാ മതം ദൈവത്താൽ ആ നിലയിൽ അബ്രഹാമിന് കൊടുത്തു അബ്രഹാമിൻ്റെ സന്തതിയായി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു വേറെങ്ങും രക്ഷയില്ല എന്ന് പറഞ്ഞ് അവരവരിൽ തന്നെ പുകഴ്ന്ന് ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ആ ഒരു ജനിച്ച ഒരു ദശ്രഥത്തിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു കുറ്റവാളിയെപ്പോലെ ക്രൂശിക്കപ്പെട്ട ഒരുവൻ ഇത്രയും മാത്രമാണ് ചരിത്രം അങ്ങനെ ഒരുവനാണ് ഈ ദൈവത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഈ യഹൂദമതത്തിൽ കൊണ്ടുവന്ന ന്യായ പ്രമാണങ്ങളുടെയൊക്കെ പൊരുളായിട്ടുള്ളത് എന്ന് സമർത്ഥിക്കണമെങ്കിൽ അത് സാമാന്യജ്ഞാനമുണ്ടു ഉള്ള ആളുകളെ കൊണ്ടൊക്കുകയില്ല യഹൂദന്മാരാണെങ്കിൽ അത് അതുപോലെ തന്നെ ഈ ന്യായശാസ്ത്രിമാരും പരീശന്മാരുമാണെങ്കിൽ അവരുടെ ന്യായ പ്രമാണത്തിലെ പഴയ നിയമത്തിലെ വള്ളി പുള്ളി വിശദമായിട്ട് പഠിക്കാനും ഒക്കെ സമയം ചെലവഴിക്കുന്ന ആളുകളാണ് അങ്ങനെ നല്ല അവഗാഹമുള്ള ആളുകളോട് അവരെ അതേ നാണയത്തിൽ തന്നെ നേരിട്ട് നിങ്ങളീ പറയുന്നത് ശരിയാണ് പക്ഷേ അതിൻ്റെ പൂർത്തീകരണം ഏതിലാണ് നശ്രയനായ യേശുവിലാണ് ഞങ്ങൾ പ്രസവിക്കുന്ന യേശുവിൽ ആണ് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിൽ ആണെന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ സാമാന്യ യുക്തിയൊന്നും ഉണ്ടായാൽ പറ്റുകയില്ല അതിത്ര യുക്തിഭദ്രമായിട്ടും പറഞ്ഞ് സ്ഥാപിക്കുന്ന വേറൊരു ലേഖനമില്ല ഈ യഹൂദന്മാരുടെ ഒത്തിരി പുകഴ്ചകളുണ്ട് ഞങ്ങൾ ന്യായപ്രമാണം ഞങ്ങൾക്കുള്ളത് ഉടനെ ഇബ്രാഹിം ലേഖനകാരൻ പറഞ്ഞ് സ്ഥാപിക്കുന്നു ന്യായ പ്രമാണത്തെക്കാൾ വലിയ വനിത യാഗങ്ങൾ ഞങ്ങൾക്കുള്ളത് ഏറ്റവും വലിയ പരമയാഗം ഇവൻ്റേതാണ് മധ്യസ്ഥനായിട്ട് പുരോഹിതന്മാർ ഞങ്ങൾക്കുണ്ട് ദൈവത്തിനും പാമികളായ മനുഷ്യർക്കുമിടയിൽ മത്യസ്ഥനായിട്ട് പുരോഹിതന്മാർ ഞങ്ങൾക്കുണ്ട് ഏറ്റവും വലിയ മഹാപുരോഹിതനിത ഇവനാണ് അങ്ങനെ യഹൂദന്മാരുടെ പുകഴ്ച ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയാവുന്നതിനെ എല്ലാം ആലയം അവരുടെ ഒരു പുകഴ്ചയാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ ആലയം ആലയത്തേക്കാൾ വലിയവൻ എന്നെല്ലാം പറഞ്ഞ് ഇതെല്ലാം യേശുവിലാണ് വന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് സ്ഥാപിക്കണമെങ്കിൽ അത് വലിയ ജ്ഞാനവും വലിയ അവരുടെ ന്യായ പ്രമാണത്തിൽ നല്ല ജ്ഞാനം വേണം എന്നാൽ അതിനെ കവിയുന്ന ദൈവികമായ വെളിപ്പാടുമുള്ള ഒരാൾക്ക് മാത്രമേ ഈ നിലയിൽ പറഞ്ഞ് ഭംഗിയായിട്ട് സ്ഥാപിക്കാനൊക്കെയുള്ളൂ എടുത്ത് നിഷ്പക്ഷമായിട്ട് പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈ ആർഗുമെൻ്റ് ഒക്കെ എവിടുന്നാണ് വന്നത് നമുക്കിന്ന് കുറേ കാര്യങ്ങളറിയാം നമ്മൾ കാരണം ഇരുപത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജനിച്ചപ്പോൾ മുതലേ സ്കൂളിലൊക്കെ വായിച്ചും കേട്ടും ഈ ബൈബിള് വായിച്ചുമൊക്കെ നമുക്കറിയാം എന്നാൽ ഞാൻ പറയാൻ വന്നത് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പൊസ്റ്റലിനായ പൗലോസ് തന്നെയാണ് ഇത് എഴുതിയതെന്നാണ് ശതമാനമുള്ള ചിന്ത ആ കാലഘട്ടത്തിൽ വേറൊരാൾ ഇത്രയും കഴിവോടെ ഇത് എഴുതി സ്ഥാപിക്കാൻ മറ്റൊരാൾ അന്ന് ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പൗലോസ് തന്നെയാണ് ഇത് എഴുതിയത് ഒത്തിരി തെളിവുകളുണ്ടല്ലോ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇനിയും പറയും അങ്ങനെയുള്ള പൗലോസ് ഇത് പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിലാണ് ഇത് പറയുന്നത് അത് പറയാൻ ചില്ലറ വൈദഗ്ധ്യമോ ചില്ലറ ദൈവജനത്തിനുള്ള അവഗാഹമോ പോരാ അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാളിന് സത്യത്തിൽ ഈ പാവപ്പെട്ട ഇബ്രാഹിം ക്രിസ്ത്യാനികളുടെ ഒന്നും പ്രാർത്ഥന സത്യത്തിൽ ആവശ്യമില്ല ഞാനിതിനൊക്കെ അതീതനാണ് എന്ന് താൻ ചിന്തിച്ചു പോവും പക്ഷേ ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ താൻ പറയുക എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പി കണ്ടോ അവിടെ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് നിസ്സഹായൻ്റെ നിലവിളിയാണ് പ്രാർത്ഥനയെങ്കിൽ ഇവിടെ ഇതാ പൗലൂസും ഈ ലേഖനകാരനും നിസ്സഹായനെ പോലെ പറയുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് നിൽക്കാനൊക്കുകയില്ല എത്ര നമ്മൾ ക്രിസ്ത്യൻ ജീവിതത്തിൽ എത്ര മുന്നോട്ട് പോയാലും നമ്മളെ ദൈവം എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ സഹവിശ്വാസികളുടെ പ്രാർത്ഥന വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പതനത്തിൻ്റെ ആരംഭമാണ് എന്ന് കരുതിക്കൊണ്ടാൽ മതി നമ്മുടെ വീഴ്ചയുടെ തുടക്കമാണെന്ന് കരുതിക്കൊണ്ടാൽ മതി നമ്മളെങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ ആളുകളുടെ പ്രാർത്ഥന നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അതാണ് ഈ അഭിപ്രായ ലേഖനകാരൻ പറയുന്നത് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പി ആ നിസ്സഹായതയുടെ പ്രാർത്ഥനയുടെ പിന്നിലുള്ള മനോഭാവം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥനയെ നിങ്ങൾ പ്രാർത്ഥിക്കാതെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് താൻ കൺവേ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി കണ്ടോ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ സഹോനായ തീമത്തിയോസിനെക്കുറിച്ച് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തെ പറയുന്നുണ്ട് സഹോന്നനായ തീമത്തി തടവിൽ നിന്നിറങ്ങി അപ്പോൾ തീമത്തി ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആരുമാണ് അത് പൗലോസ് അല്ലാതെ വേറെ ആരുമല്ല പൗലോസ് പറയുകയാണ് ഞങ്ങൾക്കു താൻ തന്നെ മാത്രമല്ല തൻ്റെ കൂടെയുള്ള തീമദ്യോഗസ്ഥ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന അപേക്ഷിക്കുകയാണ് നമുക്കും ഈ മനോഭാവം ഉണ്ടാവണം നമ്മൾ എത്ര മുന്നോട്ട് പോയാലും അതൊരു ഭഗിവാക്ക് പറയുന്നതല്ല നമ്മളീലപ്പം പ്രാർത്ഥിക്കണമെന്ന് പറയാനങ്ങ് വിട്ടു പോവും നമ്മൾ നമ്മുടെ കൂടെ ഉള്ള സഹോദരന്മാരെ അവരെത്ര ചെറിയ ആളുകളാണെന്ന് വിചാരിച്ചാൽ പോലും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവരാര അവരാര കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സഭയിലെ ഒരു ആളിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ മറ്റൊരാളോട് പറയുക അപ്പോൾ ആ കേട്ട ആൾ പറയുക ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണോ ഒതുങ്ങയുടെ കൂടെ ഉള്ളത് എന്ന് വെച്ചാൽ ഒരു ഒരു അളവിൽ എന്താ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ഭംഗിയുള്ള ആളുകളൊന്നുമല്ല പാവപ്പെട്ട ആളുകൾ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ വലിയ കഴിവില്ലാത്ത ആളുകൾ ഒന്നിനെക്കുറിച്ചും വലിയ തിരിച്ചറിവില്ലാത്ത ആളുകളൊക്കെയാണ് ആളുകളാണ് പക്ഷേ ആ പാവപ്പെട്ട നമ്മുടെ കൂടി ഇരിക്കുന്ന ഏതൊരാളെയും ആ ആളിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം കാരണം ദൈവമാണ് ആ ആളിനെ നമുക്ക് തന്നത് നമ്മുടെ സഭയിലാക്കി വച്ചിരിക്കും അതുകൊണ്ട് അവരെയൊക്കെ ദൈവം കാണുന്ന പോലെ കാണുമ്പോൾ നമുക്കവരെക്കുറിച്ച് അവരെ അവരെക്കുറിച്ച് ബഹുമാനമില്ലാതിരിക്കാനൊക്കെയില്ല അവരുടെ പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പയും സാങ്ക് മിക്കപ്പോഴും എവിടെയെങ്കിലും ഒരു കോൺഫറൻസിൽ പോകുന്നതിന് മുമ്പ് താൻ മെയിലായിക്കും ഞങ്ങൾ മീറ്റിങ്ങിന് പോന്നു പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നു ഇത്രയും വർഷത്തെ പരിജ്ഞാനം ഉണ്ട് കാര്യങ്ങളെല്ലാം അറിയാം എന്നാലും ഓരോ തവണ ദയോജനവുമായിട്ട് നിൽക്കുമ്പോഴും നമ്മൾ സത്യത്തെ നിസ്സഹായര ദയോജനവുമായിട്ട് നമ്മൾ നിന്ന് നോക്കുമ്പോൾ ഈ ഏറ്റവും വലിയ ഏകാന്തത ഇവിടുത്തെ ഏകാന്തതാണെന്നറിയാം പ്രസംഗപീഠത്തിലെ ഏകാന്തതയാണ് ഏറ്റവും വലിയ ഏകാന്തം എന്ന് വെച്ചാ നിങ്ങളുടെ കൂടെ ഇവിടെ ഇപ്പൊ ഇരിക്കുമ്പോ വലിയ ഏകാന്തതയില്ല എന്റെ അടുത്തും അപ്പുറവും എല്ലാം ആളുണ്ട് അതേസമയം ഇവിടെ നിണ്ടിറ്റ് പ്രസംഗപീഠത്തിൽ ചെന്ന് നിന്ന് ഈ ആളുകളെ നോക്കുമ്പോൾ അവിടെ നമ്മളാര ഒറ്റയ്ക്ക നമ്മളൊറ്റയ്ക്ക പ്രസ ഏതോ ഒരു പണ്ടിതൻ പറഞ്ഞിട്ടുണ്ട് പ്രസംഗപീഠത്തിലെ ഏകാന്തതയാണ് ഏറ്റവും വലിയ ഏകാന്തത നമുക്കാരും ഇല്ല നമ്മളൊരു ഇത്രയും ജനത്തിൻ്റെ മുമ്പാകെ നിൽക്കുക എന്താ എല്ലാവരും വലിയ കാര്യമായിട്ട് കർത്താവിൻ്റെ വലിയ ദാസൻ ഇപ്പോൾ കർത്താവിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കും എന്നൊക്കെ പറഞ്ഞ് പേനായി ഒക്കെ എടുത്ത് റെഡിയായിരിക്കുക നമ്മളെ പ്രസംഗപീഠത്തിലെ ഏകാന്തതയാണ് ഏറ്റവും വലിയ ഏകാന്തം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ എബ്രാഹിം ഇത്രയും അറിവ് ഞാനും ഒക്കെയുണ്ട് പക്ഷേ താൻ പറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ പ്രാർത്ഥിപ്പീൻ ആ ഒരു ചിന്ത ആ ചിന്തയുടെ പിന്നിലുള്ളതെന്താ നമുക്ക് ദൈവം തന്നിട്ടുള്ള ആളുകളെല്ലാം വിലപ്പെട്ട ആളുകളാണ് എത്രയും ചെറിയ ആളാണെന്നിരിക്കട്ടെ എത്രയും വലിയ ജ്ഞാനമൊന്നുമില്ലാത്ത ആളാണെങ്കിലും അവരുടെ എല്ലാം പ്രാർത്ഥനയാലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ ഒക്കുകയില്ല എന്നൊരു നിസ്സഹായതയോ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി എന്ന ആ കൊച്ചു വാചകം നമുക്ക് തരുന്ന ഉദ്ബോധനം അടുത്ത വാക്യം അടുത്ത ഭാഗം ആ പതിനെട്ടാമത്തെ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഉറച്ചിരിക്കുന്നു ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരും എല്ലാം വളരെ തങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് അടിവരയിട്ട് സൂക്ഷിക്കേണ്ട ഒരു വാക്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവിടെ എന്താണ് പ്രായലേഖനകാരൻ പറയുന്നത് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു സത്യത്തിൽ നമുക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടോ ചിലപ്പം നമ്മൾ പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വെളിച്ചം വളരെ ശക്തമായിട്ട് പ്രകാശിക്കുന്ന ദൈവസഭയിൽ നമ്മളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവജനത്തോടൊപ്പം ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് എന്താ എന്താ നമ്മുടെ മുമ്പിൽ വരുന്നത് ഒരു പാപബോധമാവുമ്പേ വരുന്നത് സിങ്കോൺഷ്യസ്നെസ് പാപബോധം ആവുമ്പേ വരുന്നത് പാപബോധം മുന്നിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എനിക്കൊരു നല്ല മനസാക്ഷി ഒന്നും ഇല്ല ഞാൻ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് നമ്മളൊരു കുഴപ്പക്കാരനാണ് നമ്മൾ ഈ പറയുന്ന പോലെയല്ല നമ്മളൊരു തട്ടിപ്പുകാരനാണ് നമ്മളൊരു ശരിയാളല്ലെന്നാണ് നമുക്ക് പലപ്പോഴും തോന്നിയത് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അങ്ങനെ തോന്നുമ്പോൾ എന്തോ പറ്റും അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമ്മുടെയകം പോകും ധൈര്യം ഒന്ന് പോകും പല കാര്യങ്ങൾ കൊണ്ടുവന്ന് ആ സമയത്ത് കാണിക്കും കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ അങ്ങനെ കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം തലയോട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കും നമ്മൾ പ്രസംഗം ഇടത്തിയ ആളുകളെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പുറകിലൊരു പുള്ളിക്കാരൻ നിന്ന് പഴയ തലയോട്ടി എല്ലുമൊക്കെ എടുത്ത് കാണിച്ച് നോക്കിയാൽ നിങ്ങൾ പാവന ചെയ്ത് നോക്കിയാൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള പല കാര്യങ്ങൾ എടുത്ത് കാണിക്കുമ്പോൾ അയ്യോ എനിക്കോ എനിക്കിതിനൊക്കെ എന്താ അർഹത നല്ല മനസാക്ഷി എനിക്കില്ല ഞാനൊരു നല്ല മനസാക്ഷിയുള്ള ആളല്ല എന്ന് ചിന്തിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ആ സാധ്യത കിടക്കുന്നത് നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ എന്താ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ ദൈവം നമ്മുടെ ഈ ജഡത്തിൽ നിന്ന് മാറ്റി ഒരു ദൈവികമായ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ശരീരത്തിലാക്കി നമ്മളെ ഇവിടെ വെച്ചേക്കുകയല്ല ചെയ്തേക്കുന്നത് നമ്മളെന്താ അതേ ശരീരത്തിൽ തന്നെ അതേ മാനസികവും വൈകാരികവുമായ അതേ ആ വൈകാരികവുമായ അതേ തലത്തിൽ തന്നെയാണ് ആ മൺപാത്രത്തിലാണ് ഈ നിക്ഷേപം പകർന്ന് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും നമ്മുടെ വികാരത്തിൽ വൈകാരിക തലത്തിൽ ഇമോഷണൽ ലെവലിൽ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ നമ്മൾ എന്ത് എന്ത് തോന്നിപ്പോകും നമ്മൾ കുഴപ്പക്കാരാ നമ്മൾ ഇതിനൊന്നും അർഹരല്ല നമ്മളൊന്നും പറയാനും പാടില്ല നമ്മള് നല്ല മനസാക്ഷി ഇല്ല തട്ടിപ്പുകാരാണ് എന്ന് നമുക്ക് തോന്നിപ്പോകാം പക്ഷെ അങ്ങനെ തോന്നിയാൽ നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല നമ്മുടെ നമ്മളെ കൊണ്ടുള്ള പ്രയോജനം ഇല്ലാതാക്കണമെന്നാണ് പിശാജിന് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ ഇന്ന് ഇന്നെന്ത് വന്നാലും ഇന്നെന്ത് വന്നാലും ഞാൻ എണ്ണീറ്റ സാക്ഷ്യം പറയുമെന്ന് പ്രതിജ്ഞ എടുത്തോണ്ടാണ് ഒരു സഹോദരി വീട്ടിൽ നിന്ന് ഒത്തുവാക്കിയൊക്കെ നോക്കി അതിൻ്റെ അടി വരെയൊക്കെ ഇട്ടുണ്ട് വന്നേക്കുന്നു പക്ഷേ അവൾ വന്നൊരു പാട്ട് കേട്ടപ്പോൾ എന്താ പാട്ടിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ അയ്യോ ആ പ്രാർത്ഥിച്ചുടനെ ഒരു സൗരം പറഞ്ഞ വാചകം കേട്ടപ്പോൾ അയ്യോ വേറെ അന്ന് കേട്ടപ്പോൾ അയ്യോ എന്നെക്കൊണ്ട് ഏഹ് പിന്നെ എന്നാലും ധൈര്യം സംഭരിച്ച് എണ്ണീക്കാൻ നോക്കിയപ്പം പറയും നീയ്യം നീ ഇണ്ടിട്ട് എന്തുമായി പറയാൻ പോന്ന് എന്ന് പറഞ്ഞ കേട്ടപ്പോൾ സൗരി അതുകൊണ്ട് അവിടെ അങ്ങ് പോയെങ്കിൽ ആർക്കാ നഷ്ടം ഈ സഹോദരി അവളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രണ്ട് വാക്കാണെങ്കിലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നെഴുന്നേറ്റ് പറഞ്ഞാൽ അത് പലർക്ക് പ്രയോജനമായിരുന്നതിന് അതുപോലുള്ള പലർക്ക് പ്രയോജനമായിരുന്നേന് എന്നാൽ അവള് അവളിൽ തന്നെ എനിക്കൊരു നല്ല മനസാക്ഷി ഇല്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങ് അങ്ങ് നിരാശപ്പെട്ട് ക്ഷീണിച്ച് അവടങ്ങ് ഇരുന്ന് പോയാൽ ആരാ ജയിച്ചത് പിശാചാ ജയിച്ചത് അതുകൊണ്ട് പിശാജിന് പലപ്പോഴും നമ്മളെ നമ്മുടെ വികാരത്തിൻ്റെ ഒരു തലത്തിൽ നിർത്തിയാൽ അവൻ എന്തുണ്ട് നമ്മുടെ ഉപയോഗക്ഷമത നമ്മുടെ പ്രയോജനക്ഷമത ഇല്ലാതാക്കാൻ കഴിയും പ്രയോജനക്ഷ അങ്ങനെ അമ്പത് പേരുള്ള ഒരു മീറ്റിങ്ങാണെന്നിരിക്കട്ടെ അമ്പത് പേരെ അവൻ അതുപോലെ അങ്ങ് ആക്കിക്കഴിഞ്ഞാൽ എന്താണ് മീറ്റിങ്ങിലൊന്നും നടക്കുകയില്ല അതുകൊണ്ട് പ്രായോഗികമായിട്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ സഭാജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ വികാരത്തിൻ്റെ തലത്തിൽ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ പറ്റുകയില്ല അതിലേക്ക് വെളിച്ചം വീശുന്ന വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ എന്താണ് എബ്രാഹി ലഹനകാരൻ പറയുന്നത് എനിക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ആഹാ നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ ഉണ്ണീക്കുകയും സംസാരിക്കുകയും സാക്ഷ്യം പറയുകയും പാട്ട് പാടുകയും എല്ലാം ചെയ്യരുത് നല്ല മനസ്സാക്ഷിയുണ്ടെങ്കിൽ ഇബ്രാഹി ലഹനം പറയുക എനിക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതെങ്ങന അതാണ് പ്രധാന കാര്യം അതെങ്ങനെയാണ് അതെങ്ങനെയാണ് ഈ ഇബ്രാഹിം അഹൈനകാരനോട് ചോദിക്കുക സുഹൃത്തേ നിങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതെങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ അപ്പോൾ ഇബ്രാഹിം അഹ്നഗരൻ പറയും എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല എൻ്റെ തോന്നൽ പറഞ്ഞാൽ നല്ല മനസാക്ഷി ഇല്ലെന്നായിരിക്കും തോന്നുന്നത് പക്ഷേ പിന്നെങ്ങനാ നിങ്ങൾ നിങ്ങൾ നല്ല മനസാക്ഷി ഉണ്ടെന്ന് ഈ പറയുന്നത് അപ്പം എബ്രാഹിം ഹൈനഗനെ പറയുന്നു എന്താണ് ഞാൻ സകലത്തിലും നല്ലവനായിട്ട് നടപ്പാൻ കൊണ്ട് ഞാൻ എൻ്റെ വില്ല് ഞാൻ എൻ്റെ ഇച്ഛയെ എന്തിൽ വെച്ചിരിക്കുന്നു ഈ വഴി മുന്നോട്ട് പോകാനായിട്ട് ഞാൻ അതിനായിട്ട് വെച്ചിരിക്കുന്നു അതുകൊണ്ട് സോ അതുകൊണ്ട് എനിക്കെന്തുണ്ട് നല്ല മനസാക്ഷിയുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാന കാര്യം നമ്മള് നമ്മുടെ വികാരത്തിന്റെ തലത്തിൽ അല്ല എനിക്കിന്ന് അങ്ങനെ തോന്നുന്നു എനിക്കിന്ന് നല്ല മനസാക്ഷി ഉണ്ടെന്ന് തോന്നുന്നു ഇന്ന് രാവിലെ എണ്ണീറ്റപ്പം എണ്ണീറ്റപ്പം ഭർത്താവുമായിട്ട് വഴക്കമൊന്നും ഉണ്ടാക്കിയില്ല പിള്ളേരുമായിട്ട് അടിപിടി ഒന്നും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് സഹോദരി വിചാരിക്കും ഇന്ന് എനിക്കൊരു രാവിലെ എണ്ണീറ്റപ്പം ഒരു പാട്ടൊക്കെ കേട്ട് കൊള്ളാം ഈ നാകെപ്പാടെ നല്ലൊരു നല്ലൊരു ഇമോഷണൽ വികാരതലത്തിൽ ഇന്ന് കൊള്ളാം അതുകൊണ്ട് ഇന്നെനിക്ക് നല്ല മനസാക്ഷി ഉണ്ട് എന്നതിലാണോ സഹോദരി നീ നിൻ്റെ നല്ല മനസ്സാക്ഷിയുണ്ടെന്നുള്ള ഉറപ്പ് കൊണ്ടുവന്ന് അങ്ങനെയാണെങ്കിൽ പിശാദിനെ എപ്പോൾ ചോദിച്ചാൽ മതി എന്നു വച്ചാൽ വികാരത്തിൻ്റെ ഒരു തലത്തിൽ നമ്മൾ ഇന്ന് ചെയ്യരുത് വികാരത്തിൻ്റെ ഒരു തലത്തിലല്ല നമ്മൾ എന്ത് വേണ്ടത് നമ്മുടെ നല്ല മനസ്സാക്ഷി ഉണ്ടെന്നുള്ള ഉറപ്പ് കൊണ്ടുവന്ന് വെക്കേണ്ടത് മറിച്ച് എന്തിനാണ് മറിച്ച് ഇച്ചയുടെ തലത്തിലാണ് ഇച്ചയുടെ തലത്തിൽ ഒരു ദിവസം രാവിലെ എണ്ണീക്കുമ്പോൾ മിക്ക ദിവസവും എന്താ മിക്ക ദിവസം എണ്ണീക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളാണ് പാല് കരം വന്നില്ല പ പാല് അവിടെ വെച്ചിരുന്നു പൂച്ച തട്ടി ആ ചായ ഇടുന്നുണ്ട് കാപ്പിയിൽ ഭർത്താവ് ചോദിച്ചു ഇന്ന് ഇതേ ഉള്ളതെന്ന് ആകെ പ്രശ്നം പക്ഷേ നീ എന്ത് വേണ്ട നല്ല മനസാക്കി നിന്റെ പോകേണ്ട അപ്പുറം എന്തുകൊണ്ട് നീ എന്തിനാണ് ജീവിക്കുന്നത് നീ എന്തിനാണ് നിൻ്റെ ഇച്ഛ വെച്ചേക്കുന്നത് നിൻ്റെ ഇഷ്ടം എന്തിലാണ് വെച്ചേക്കുന്നത് നിന്റെ ജീവിത ലക്ഷ്യം എന്തിലാണ് വച്ചേക്കുന്നത് എന്തിലാണ് വച്ചേക്കുന്നത് ഇവിടെ ഇതാ ഇബ്രാഹില പറയുന്നു സകലത്തിലും നല്ലവനായിട്ട് നടപ്പാൻ നല്ലവനായിട്ട് നടപ്പാൻ ഞാൻ ഇച്ഛ വെച്ചിരിക്കും ആ ഇച്ഛ വെച്ചോ എങ്കിൽ നിനക്ക് നല്ല മനസ്സാക്കിയുണ്ട് ദൈവം പറയുക ഇതാണ് ഇതിൻ്റെ പൊരുൾ മനസ്സിലായോ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ഒരു വൈകാരിക തലത്തിൽ നമ്മുടെ ഒരു തോന്നലിൻ്റെ തലത്തിൽ നമ്മൾ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ക്രിസ്തീയ ജീവിതം നമുക്കെപ്പോഴും ഭാരപ്പെട്ടതായിരിക്കും നമ്മുടെ തോന്നലുകൾ എന്താ തോന്നലുകൾ രാവും പകലും പോലെ രാത്രി ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പകലുണ്ട് പകലുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ സദ്യ ഇങ്ങനെ നമ്മുടെ വികാരത്തിൻ്റെ തലത്തിൽ എപ്പോഴും ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും തോന്നലുകൾ വരും തോന്നലുകൾ പോവും തോന്നലിലല്ല നമ്മൾ നമ്മുടെ ക്രിസ്തീയതയെ കൊണ്ടുവന്ന് വെക്കേണ്ടത് മറിച്ച് ഏതിലാ കൊണ്ടുവന്ന് വെക്കേണ്ടത് നമ്മുടെ ഇച്ഛ എനിക്കിന്ന് നല്ല മനസ്സാക്ഷിയുണ്ട് ഉണ്ടെന്ന് ആര് പറഞ്ഞു ഉണ്ട് കാരണം ഞാൻ എന്താ ഞാൻ എൻ്റെ ജീവിത ലക്ഷ്യത്തെ ഇഹുതിലാകൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കർത്താവിനെ പിൻപറ്റാനാകൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അതുകൊണ്ട് ദൈവം എന്നെ എന്ത് ചെയ്യുന്നു നല്ല മനസ്സാക്ഷി ഉള്ളവനായിട്ട് കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രാഗൽഭ്യത്തിലാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് നമ്മളിത് എപ്പോഴും പറയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരും പുതുതായിട്ട് വരുന്നവരും ഒക്കെ ഉള്ളപ്പം നമ്മളിത് കൂടെ കൂടെ പറയും എന്താ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ഒരാൾ എന്ത് ചെയ്തു ഒരാൾ നമ്മൾ ജീവമൊഴിയിൽ ഒരിക്കൽ കൊടുത്ത ഒരു കഥയാണ് മൂന്ന് പേര് ഒരു ചെറിയ നൂൽപാലത്തെക്കൂടെ പോവുക ഇതുപോലൊരു കയറ് കെട്ടിയിരിക്കുക ആ കയറെ കൂടെ പോവുക ഏ മുമ്പി ഏതാ മുമ്പി പോകുന്നത് സത്യം സത്യം ട്രൂത്താണ് മുമ്പി പോകുന്നത് രണ്ടാമത് പോകുന്നത് എന്താ ഇച്ചു പറയുന്നത് വില്ലാണ് രണ്ടാമത് പോലും പുറകിൽ പോകുന്നത് ഏതാ പുറകിൽ പോകുന്നത് വികാരമാണ് പുറകെ വരുന്നത് മൂന്നുപേര് നടന്നു പോവുക ഈ മൂന്ന് പേരും ആരിലുള്ളതാണ് നമ്മിൽ തന്നെ ഉള്ളതാണ് നമ്മിൽ തന്നെയുള്ളതാണ് നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു ട്രൂത്തിനെ കാണുന്നത് സത്യത്തെ കാണുന്ന സത്യം സത്യം എന്ന് പറഞ്ഞാൽ എന്താ ദൈവം നമ്മളെ സ്നേഹിച്ചു ദൈവം നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം തന്നെ നമ്മൾ തൻ്റെ മകനും മകളുമാക്കിയിരിക്കുന്നു ഇതാണ് സത്യം ഈ സത്യം ഇങ്ങനെ മുമ്പിൽ പോവുക ഈ സത്യം മുമ്പിൽ പോയപ്പം നമ്മളുടെ രണ്ടാമത് പോകുന്നതേതാണ് അല്ലെ പോകേണ്ടത് ഏതാണ് ഇച്ഛയാണ് രണ്ടാമത് പോകേണ്ടത് ഇച്ച ഈ മുമ്പിൽ പോകുന്ന സത്യത്തെ നോക്കിക്കൊണ്ട് ഈ നൂൽപാലത്തെക്കൂടി ഇങ്ങനെ പോവുക അന്നേരം എന്തോ ചെയ്യും അതിൻ്റെ പുറകെ വരുന്ന വികാരം എന്തോ ചെയ്യും വികാരം ആരെയും നോക്കും ഇച്ഛയെ നോക്കിക്കൊണ്ട് വികാരവും പുറകെ ഇങ്ങനെ പോവുക അപ്പോൾ മൂന്ന് പേര് ഇങ്ങനെ ഭംഗിയായിട്ട് നൂൽപാലത്തേക്കൂടെ നടന്നു പോകും നടന്നിങ്ങനെ പോകുന്നപ്പം ഇച്ചയ്ക്കൊരു സംശയം ഇച്ചയ്ക്കൊരു സംശയം ഇടാ കർത്താവ് എന്നെ വീണ്ടെടുത്തു എൻ്റെ മ അവിടുത്തെ മകനാക്കി തീർത്തു എന്നെ നീതികരിച്ചു എൻ്റെ നീതിമാനെന്ന് പ്രഖ്യാപിച്ചു അവനെന്നെ സ്വർഗ സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കും ഇതൊക്കെയാണ് ട്രൂത്ത് ഈ സത്യങ്ങളെ നോക്കിക്കൊണ്ടാണ് പൊക്കൊണ്ടിരുന്നത് ഇത്രയും നേരം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം പുള്ളിക്കൊരു സംശയം ഇടാ എൻ്റെ എനിക്കങ്ങനെ വലിയ വികാരമൊന്നും തോന്നുന്നില്ലല്ലോ വികാരം ഇനി എൻ്റെ പുറകെ വരുന്നില്ലോ അവനീ വഴിയിലങ്ങ് ഇറങ്ങിപ്പോയോ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇവൻ പുറകെ വരുന്നുണ്ടോന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇച്ച എന്തോ ചെയ്തു സത്യത്തിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ച് തിരിഞ്ഞ് വികാരം പുറകെ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ നടപ്പേതിലൂടെ എന്താണ്ട് ഇതുപോലെയുള്ള ഒരു ചെറിയ ചെറിയ കമ്പിയിലൂടെ നടപ്പ് ഉടനെ ഈ ഇച്ചയ്ക്ക് എന്ത് പറ്റി ഇച്ചയുടെ കാല് എടറി ഇച്ച പൊത്തൂന്ന് താഴെ വീണു താഴെ വീണപ്പോൾ അതേപോലും ആര് പുറകെ വരുന്നുണ്ടായിരുന്നു വികാരം പുറകെ വരുന്നുണ്ടായിരുന്നു ഇച്ചയുടെ പുറകെ വരുന്നുണ്ടായിരുന്നു ഇച്ച വീണപ്പം ഇച്ചയെ നോക്കി വന്ന വികാരം എന്ത് പറ്റി വികാരവും താഴ്ന്നു ഇതാണ് നമുക്ക് പലപ്പോഴും പറ്റുന്നത് അതുകൊണ്ട് പ്രിയ സവോര സവോരി നീ എന്തോ വേണ്ട നിന്റെ വികാരത്തെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണ്ട നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും നമ്മൾ മിക്കവാറും നമ്മുടെ വികാരങ്ങളിൽ ആ ജീവിക്കുന്നു ഒരു ബ്രഹറിനോട് ചോദിക്കുക ബ്രഹറെ കഴിഞ്ഞു കയറാൻ ചെയ്യണ്ടല്ലോ ഓഹ് നേരം വെളുത്തപ്പോഴേ എനിക്ക് ഒരു വലിയ വരാൻ അങ്ങനെ തോന്നിയില്ല ബ്രഹറെ നീ നിൻ്റെ വികാരത്തിൽ ജീവിക്കുന്നതെങ്കിൽ നിനക്ക് ഒരു കാലത്തും ഞായറാഴ്ച മീറ്റിങ്ങിന് വരാൻ ഒക്കുകയില്ല അതേസമയം രാവിലെ എണ്ണീറ്റപ്പം തലവേദന തോന്നി അല്ലെങ്കിൽ ശാപ്പാട് ശരിയായില്ല അല്ലെങ്കിൽ ബസും ഇല്ല എന്നാലും ഞാൻ എന്തോ ചെയ്യും ഞാൻ ഇന്ന് മീറ്റിങ്ങിന് പോകുമെന്ന് ഇച്ഛ വെച്ചാൽ ആ സഹോദരൻ എന്ത് ഇവിടെ ഉണ്ടാകും മീറ്റിങ്ങിലുണ്ടാവും അതിന് പകരം വികാരത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഓഹ് രാവിലെ ഒരു ചെറിയ തലവേദന ഉള്ള പോലെ ഒരു തോന്നലുണ്ടോ എന്നൊരു സംശയം തലവേദന ഉണ്ടോയെന്ന് ഒരു തോന്നലുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ട് ഇന്നങ്ങ് റെസ്റ്റ് എടുത്താലോ എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോവുകയാണ് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരാളും എന്തിന് എന്ത് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയില്ല കാരണം എന്താ ഇതാളിൻ്റെ തലവേദനയല്ല പ്രശ്നം ഈ ആൾ അയാളുടെ ജീവിതത്തെ എപ്പോഴും ഏതിലാ തരയുന്നത് വികാരത്തിലാണ് തരയുന്നത് ഇന്നൊരു മൂടില്ല ഒരു നല്ല മനോഹരമായ ചില പദപ്രയോഗങ്ങളൊക്കെ ഇംഗ്ലീഷിലുണ്ട് എന്താ ഓ ബ്രദർ ഇന്ന് കണ്ട് ഇന്നൊരു മൂടില്ല മൂഡ് അന്നേരം നമ്മൾ എന്നോട് അങ്ങനെ ആരേലും പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് ബ്രതർ മൂഡാദ്യം ഉണ്ടാക്ക് ക്രിയേറ്റ് മൂഡ് മൂഡ് തോന്നുന്നില്ല മൂഡ് ആദ്യം ഉണ്ടാക്ക എന്നിട്ട് മൂഡെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പ്രയോഗം മനോഭാവം അങ്ങനെ ഒരു തോന്നൽ എനിക്കങ്ങനെ ഒരു മൂഡ് തോന്നിയില്ല ആദ്യം ആ ചേടാ തോന്നൽ അല്ലേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തോന്നൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ തോന്നലിനെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങിയാൽ പിശാച നമ്മളെ തെറ്റിച്ചു കളയും നമ്മുടെ എഫിഷ്യൻസിയെ നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ട് അതുകൊണ്ട് നമുക്കങ്ങനെ തോന്നിയാലും തോന്നിയില്ലെങ്കിലും നമ്മൾ ഈ വികാരത്തെ ഇച്ഛയിൽ വെക്കണം ഇച്ഛ എന്തിനെ വെക്കണം ഇച്ഛ എന്തിലേക്ക് നോക്കണം സത്യത്തെ നോക്കണം ഇങ്ങനെയാണിത് പോകുന്നത് ഉടനെ ഈ താഴെ പോയ വികാരവും ഇച്ചയും കൂടെ പിന്നെയും ചാടി കിട്ടിയിട്ട് ഇവിടെ നിന്നു ഇച്ച ചാടി കിട്ടിയിട്ട് നൂൽപ്പാലത്തേ കയറി വികാരവും കയറി നിന്ന് ഇച്ച തീരുമാനിച്ചു ഇനി മേലാ ഞാൻ എന്തോ ചെയ്യേല ഈ വികാരത്തെ തിരിഞ്ഞു നോക്കുകയില്ല അവൻ പുറകെ വന്നോളും അവൻ വന്നോളും നമുക്കങ്ങനെ പ്രത്യേകിച്ച് മീറ്റിങ്ങിലൊക്കെ നമുക്കെന്താ ചില മീറ്റിങ്ങും വലിയ സന്തോഷമുള്ള മീറ്റിങ്ങായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്രത്തോളം ഒരു വലിയൊരു ഏഹ് നമ്മൾ സത്യത്തെ നമ്മൾ എന്തിലാണ് നമ്മുടെ ഇത് കൊണ്ടുവന്ന് വച്ചേക്കുന്നത് സത്യത്തെ നോക്കി അങ്ങ് പോയാൽ മതി ട്രൂത്ത് ട്രൂത്ത് മുമ്പിൽ പോട്ടെ ട്രൂത്തിനെ നോക്കി മുന്നോട്ട് പോവുക മീറ്റി സത്യം പറഞ്ഞാൽ ഈ മീ പലയിടത്തും മീറ്റിങ്ങിനൊക്കെ പോകാനായിട്ട് എനിക്ക് സ്വാഭാവികമായിട്ട് താല്പര്യം ഇല്ല സ്വാഭാവിക താല്പര്യം ഇതുപോലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ഒക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ഇവിടെ ഇരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സത് മറ്റേ രാത്രി പതിനൊന്നേകാല് വരെ ജോലി ചെയ്തു പിന്നെ അവിടുന്ന് ടൂക്ക് ടൂക്ക് എന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഈ ട്രെയിനൊക്കെ എപ്പോഴാണ് വരുന്നത് ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് കയറേണ്ടത് അവിടെ കയറിയ അവിടെപ്പം വേറൊരാൾ കിടന്നുറങ്ങുക പുള്ളിയെ ശല്യപ്പെടുത്തണ്ടാന്ന് വെച്ച് നമ്മളുടെ അടുത്ത് കുത്തിയിരുന്നു ഇങ്ങനെയെല്ലാം അവിടെ ചെല്ലുമ്പോൾ അവിടെ അപ്പോഴത്തേക്ക് വേറൊരു കാര്യം ചുരുക്കത്തിൽ ഉറക്കവും ശരിയാകുന്നില്ല കുളിയും ശരിയാകുന്നില്ല ഒന്നും ശരിയാകുന്നില്ല ഓ പോകണ്ട ഇതാണ് നമ്മുടെ സ്വാഭാവിക വികാരത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ അങ്ങനെ പറ്റുമോ പക്ഷേ നമ്മളെന്തിനാണ് നോക്കുന്നത് എനിക്കങ്ങനെ തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഞാൻ പോകും ഇച്ഛയെ വെച്ച് പോയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു കാര്യവും നടക്കുകയില്ല പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട വചനമാണ് ഞാൻ നല്ല മനസാക്ഷിയുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഉറച്ചിരിക്കുന്നു എനിക്ക് അങ്ങനെ ഇച്ഛ കണ്ടോ അവിടെ ആ വില്ലെന്നുള്ള കാര്യം പറയുന്നുണ്ട് സകലത്തിലും നല്ലവരായി ഞങ്ങള് നടക്കുന്നത് കൊണ്ടെന്നാണോ പറഞ്ഞേക്കുന്നത് സകലത്തിൽ നല്ലവരായി നടക്കുന്നത് കൊണ്ട് നല്ല മനസ്സാക്ഷി ഉണ്ടെന്നാണോ പറഞ്ഞേക്കുന്നത് അല്ല നല്ലവരായി നടപ്പാൻ ഇച്ഛവച്ചിരിക്കുന്നത് കൊണ്ട് ഇച്ഛവച്ചു എന്ന് വെച്ച് ചിലപ്പോൾ നല്ലവരായി നടക്കണമെന്നില്ല ഞാൻ നല്ലവരായി നടക്കരുതെന്ന് സ്ഥാപിക്കാനല്ലേ ഇത് പറയുന്നത് എന്നാലും പ്രായോഗിക തലത്തിൽ ചിലപ്പോൾ ചില പാളിച്ച വന്നേക്കാം പക്ഷേ ആ പാളിച്ചയല്ല കാണേണ്ടത് മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയാണ് ഇച്ഛയാണ് കാണേണ്ടത് ആ ഇച്ഛയെ ട്രൂത്തിനെ നോക്കണം ട്രൂത്തിനെ നോക്കി ഇച്ഛ പോകുമ്പോൾ ഇച്ഛയുടെ പുറകെ വികാരം വന്നുകൊള്ളും നമ്മൾ വികാരത്തെ തിരിഞ്ഞ് നോക്കണ്ട വൈകാരികമായ ഒരു തലത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരി കുഞ്ഞേ ചെറുപ്പക്കാരാണ് നമ്മളെത്രയും വേഗം നമ്മുടെ നോട്ടം അതിൽ നിന്ന് മാറ്റി ഇച്ഛയുടെ കാൽവയ്പ്പുകളോടെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോയാലേ നമ്മളിതാകുള്ളൂ നമ്മൾ വിജയിക്കുകയുള്ളൂ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുകയുള്ളു ഇത് കണ്ടോ ഈ അബ്രാ ലേനത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഇബ്രാഹി ലൈനകാരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് തരുന്ന എത്ര വലിയൊരു സാക്ഷ്യമാണിത് എത്ര വലിയൊരു സത്യമാണിത് അതുകൊണ്ട് ഇതിനെ നമുക്ക് ശ്രദ്ധിക്കാം അടുത്തത് അടുത്തത് അപ്പോൾ പത്തൊൻപതാമത്തെ വാക്യം എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു കണ്ടോ വീണ്ടും പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ പറയുക നിങ്ങൾ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ നിങ്ങൾ വേഗത്തിൽ എന്നെ കുറത്ത് പ്രാർത്ഥിക്കണേ എന്ന് രണ്ടാമതും തന്നെ പറയുക നേരത്തെ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിയെന്ന് പറഞ്ഞു ഇതിപ്പോൾ കുറച്ചുകൂടെ പേഴ്സണലായിട്ട് വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെയാണ് ഓരോ കാലഘട്ടത്തിൽ ദൈവം ഈ പ്രാർത്ഥന ഒരു കാര്യം ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം പല ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജോൺ ഹൈഡെന്ന് പറയുന്ന ഒരാൾ ജോൺ ഹൈഡ് ജോൺ ഹൈഡ് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളാണ് ഇന്ത്യയിലായിരുന്നു അദ്ദേഹം പത്തൊൻപത് വർഷം ചിലവഴിച്ചത് ജോൺ ഹൈഡ് പ്രാർത്ഥനാവീരനായ ജോൺ ഹൈഡെന്നാണ് പറയുന്നത് ജോൺ ഹൈഡ് അദ്ദേഹം അധികം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചു അപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് ഈ മനുഷ്യൻ എന്തുമായിരുന്നു പരിപാടി ഇയാളുടെ ഹാർട്ടും എല്ലാം അങ്ങ് അങ്ങ് ഇത്തിരി സമ്മർദ്ദത്തിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയി ഏതാണ്ടോ വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നു പോയൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഇത്ര വേഗത്തിൽ ഇദ്ദേഹത്തിന് ഹാർട്ട് ഇങ്ങനെ നിന്നുപോയി ഇങ്ങനെ ഇത്രയും പ്രയാസം വരേണ്ട കാര്യമില്ല പക്ഷെ സത്യത്തെ അദ്ദേഹം വല്ലതും സമ്മർദ്ദമുള്ള വലിയ പണി വല്ലതും ലോകത്തിൻ്റെ ദൃഷ്ടി ചെയ്തോ ഇല്ല അദ്ദേഹം ആകെ ചെയ്തിരുന്നത് എന്തായിരുന്നു പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്നൊരു പരിപാടിയാണ് ചെയ്തിരുന്നത് പലയിടത്തും മീറ്റിംഗ് ഉണ്ടാവും മീറ്റിംഗ് ഉണ്ടാകുമ്പോഴും ഇദ്ദേഹം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പക്ഷേ പ്രാർത്ഥനയിൽ എന്തുണ്ട് ഒരു മൽപിടുത്തമുണ്ട് മൽപിടുത്തമുണ്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അതൊരു മൽപിടുത്തമാണ് ജോൺ ഹൈഡിനെ കുറിച്ച് പറയുന്നത് പ്രാർത്ഥനാ ജോൺ ഹൈഡ് അദ്ദേഹം വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇന്ത്യയെ വന്നു ഇന്ത്യയിലെ മിഷണറിയായി അമേരിക്കയിൽ നിന്ന് വന്നു പത്തൊമ്പത് വർഷം ഇവിടെ ജീവിച്ചു വേഗത്തിൽ മരിച്ചുപോയി ഈ പ്രാർത്ഥനയുടെ സമ്മർദ്ദം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആ നിലയിൽ ദൈവസന്നിധി നിൽക്കുമ്പോൾ അതെന്താ അത് വലിയൊരു സമ്മർദ്ദമാണ് നമ്മൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഒരാൾ പറഞ്ഞു പക്ഷെ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ആ ആളിൻ്റെ ഷൂസിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ് എന്താ ആ പ്രയോഗം എന്താണ് മറ്റൊരാളുടെ ഷൂസിൽ കയറി നിന്നുകൊണ്ട് കാര്യത്തെ കാണുക എന്ന് വെച്ചാൽ ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു കാര്യം ഒരു വിവാഹാലോചന നമ്മുടെ ഒരു വിവാഹാലോചന നമ്മുടെ ഒരു മോൾക്ക് വേണ്ടി വന്നു എല്ലാം നടക്കുമെന്ന് വിചാരിച്ചു ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ ഒരു കൊച്ചുകാര്യത്തെ തട്ടി അതും അത് മാറിപ്പോയി അപ്പനോട് ഞാൻ സംസാരിക്കുക ഞാൻ സംസാരിക്കുമ്പോൾ ആ ബ്രതറിനോട് പറഞ്ഞ് ബ്രതറെ പ്രാർത്ഥിക്കണം ശരി ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തുവാ പ്രാർത്ഥിക്കുക നമ്മൾ ആ അപ്പനെന്നുള്ള നിലയിൽ വേണം പ്രാർത്ഥിക്കാൻ ആ അപ്പൻ്റെ മുഴുവൻ വികാരം ഉൾക്കൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കും ആ അപ്പൻ്റെ ഷൂസിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കും ഒരു മോളെ കൊണ്ടുവന്നു വലിയ കാര്യമായിട്ട് ഇപ്പോൾ ഈ കല്യാണം നടക്കുമെന്ന് വിചാരിച്ചു എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു വേറൊന്നും മുന്നി കാണുന്നില്ല അങ്ങനെ വന്നിരുന്നപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരു കൊച്ചു കാര്യത്തിൽ അതങ്ങ് ഇതായിപ്പോയി ഇനിയിപ്പോൾ ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റുകയില്ല കർത്താവേ ആ സോന് വേണ്ട സമാധാനം കൊടുത്തേക്കണേ എന്ന് പറഞ്ഞാൽ ആ പത്രം എടുത്ത് നീ വേറെ എന്തോ ഉണ്ട് വിശേഷം ഇന്ന് ശബരിമലയിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോരാൻ നോക്കുകയില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ ഷൂസിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളെന്തായി പോകും നമ്മൾ അയാളുടെ വികാരങ്ങളും അയാളുടെ ഹൃദയവേദനയും പങ്കിടും പങ്കിടും ജോൺ ഹൈഡ് ഒരു നൂറ് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ നൂറ് പേരുടെ വേദനകളാണ് എടുക്കുന്നത് വേദനകളാണ് എടുക്കുന്നത് അവരുടെ ഷൂസിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് അവരുടെ വേദനകളാണ് എടുക്കുന്നത് അതുകൊണ്ടായിരിക്കും ആണ് ഡോക്ടർ പറഞ്ഞത് ഈ മനുഷ്യൻ എന്നായിരുന്നു പരിപാടി ഇത്രയും സമ്മർദ്ദം അതുകൊണ്ട് പ്രാർത്ഥനയെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ജോൺ ഹൈഡിൻ്റെ ജീവചരിത്രം നമ്മൾ ഇത്തവണത്തെ മാസികയിൽ കൊടുത്തിട്ടുണ്ട് ആ അതിൻ്റെ ഇടയിൽ മാസിക ഈ ലക്കം കൊണ്ട് അവസാനിക്കുകയാണ് നമ്മൾ പുസ്തകങ്ങളുടെ പബ്ലിക്കേഷനിലേക്ക് മാറുകയാണ് ഇത്തവണത്തെ മാസിയയിൽ ജോൺ ഹൈഡിൻ്റെ അവസാനത്തെ അധ്യായം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഡിസംബറിലെ കഴിഞ്ഞ ലക്കവും ഈ ലക്കവും ജോൺ ഹൈഡിൻ്റെ പ്രാർത്ഥനാവീരനായ ജോൺ ഹൈഡിനെ കുറിച്ച് അതിൽ വായിക്കാനായിട്ടാണ് കഴിയും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് എന്നെ വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിപ്പിക്കുന്നു അപ്പോൾ പ്രാർത്ഥനയെന്ന് പറയുന്ന ഇപ്പോൾ ഒരാൾ പറയുക എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ ഞാൻ നിങ്ങളൊക്കെ പ്രസവിച്ചു ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ആളാണോ പ്രാർത്ഥിക്കുന്ന ആളാണോ വലിയ ആൾ സത്യത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഈ വേദന എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ വലിയ വലിയ ശുശ്രൂഷയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ജോ മൂടി ഇങ്ങനെ പറഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ ഒത്തിരി അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും ഒരത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ കാണുമെന്ന് വിചാരിച്ചാൽ പലരും ഇവിടെ കാണുകയില്ല രണ്ടെന്ന് പറയുന്നത് ഇവിടെ കാണുകയില്ലെന്ന് വിചാരിച്ചാൽ ചിലർ ഇവിടെ കാണും മൂന്നെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് മൂന്നാമത്തെ അത്ഭുതം ഇതാണ് മൂടി പറഞ്ഞത് എന്നാൽ അതിനോട് ചേർത്ത് ഞാൻ ചിലപ്പം വിചാരിക്കും നാലാമതൊരു അത്ഭുത കുറവുണ്ട് അതായത് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ച ചിലര് അവിടെ മൂലയ്ക്ക് ചെയ്തിരിക്കും ഒരു ഒരു മൂലയിൽ ഒരു സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ച ആൾ പ്രധാന സ്ഥാനത്ത് ചെയ്തിരിക്കും അതെങ്ങനെയാണ് പറ്റിയത് നമ്മളെപ്പോഴും സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണ് വലിയ ആളുകൾ എന്നൊരു തെറ്റായ ധാരണ നമുക്കുണ്ട് മുമ്പിൽ നിൽക്കുന്ന ആളുകളാണ് വലിയ ആളുകൾ എന്നാൽ ദൈവം എന്തല്ല ദൈവത്തിന് എന്തില്ല മുഖപക്ഷമില്ല ഓക്കെ ഒരു ഒരാളിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ ആ നിലയിൽ അത് എടുത്ത് അതൊരു ചെറിയ ശുശ്രൂഷയല്ല അതിൽ വിശ്വസ്തമായി നിൽക്കുന്ന ആളിതെന്തുണ്ട് ആ നിലയിലുള്ള പ്രതിഫലമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഒക്കെയുള്ളോ എന്നൊരു അപ്പോളജറ്റിക്കായ മനോഭാവം എടുക്കണ്ട അത് നീ അങ്ങ് ഫലപ്രദമായിട്ട് ചെയ്താൽ മതി അത് ചെയ്താൽ തന്നെ മതി അത് മതി പക്ഷേ അതൊരു ചടങ്ങ് പോലെ ആകരുത് ദൈവം തരുന്ന ഭാരത്തിലേ നമുക്ക് പലപ്പോഴും പറ്റുള്ളൂ ഇതൊക്കെ ശരിയാണ് എങ്കിലും പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രധാന വിഷയമാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മാറുകയാണ് ഇരുപതാമത്തെ വാക്യം ഇരുപതാമത്തെ വാക്യം നിത്യനിയമത്തിൻ്റെ രക്തത്താൽ നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയവനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്ക കൊണ്ട് എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ അവൻ എന്തേക്കും മഹത്വമാമി പിന്നെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഞാൻ വായിച്ചു എന്തോ മനസ്സിലായി ഒന്നും മനസ്സിലായില്ല കാര്യം അത് എന്താ ആ ഇങ്ങനെ പോലെ ഇങ്ങനെ അങ്ങ് കിടക്കുക എന്തോ ഇത് എന്തോ ഈ പറഞ്ഞേക്കുന്നത് ഇരുപതാമത്തെ വാക്യം മാത്രമായിട്ട് നമുക്ക് നോക്കാം അവിടെ എന്തുണ്ട് നിത്യനിയമത്തിൻ്റെ ആടുകളുടെ വലിയയിടയനായ നമ്മുടെ കർത്താവായ യേശു അത്രയും കൊണ്ട് നിർത്താം കർത്താവായ യേശുവിന് എന്തോ ഇവിടെ പറഞ്ഞേക്കുന്നത് കർത്താവായ യേശുവിന് കൊടുത്തേക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അവന് അവന് വലിയ വലിയ ഇടയനാണ് വലിയ ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു വലിയ ഇടയനാണ് എന്നാൽ കർത്താവ് വലിയ ഇടയൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രേറ്റ് ഷെപ്പേഡ് വലിയ ഇടയൻ എന്നൊരു വിശേഷണമാണ് കർത്താവിന് കൊടുത്തേക്കുന്നത് ഗ്രേറ്റ് വലിയയിടയിൻ എന്നാൽ കർത്താവിന് വേറെ ചില വിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും യോഹന്നൻ്റെ സുശേഷം പത്താമധ്യായത്തിലേക്ക് വരുമ്പോൾ പത്താമധ്യായം യോഹന്നൻ്റെ സുശേഷം പത്താമധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെക്കുറിച്ച് മറ്റൊരു വിശേഷണം നമ്മൾ കാണുന്നുണ്ട് പത്താമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം ഞാൻ നല്ല ഇടയനാകുന്നു നല്ലയിടെ ഇവിടെ വലിയയിടെന്നാണോ കണ്ടത് അല്ല നല്ലയിടെ ഗുഡ് ഷപ്പേഡ് ഗുഡ് ഷപ്പേഡെന്നാണ് കണ്ടത് പതിനാലാമത്തെ വാക്യം ഞാൻ നല്ല ഇടയൻ അപ്പോൾ യോഹൻ ഞാൻ പത്തിൻ്റെ പതിനൊന്നും പതിനാലും ഞാൻ നല്ലയിടെ അപ്പോൾ യേശു എന്താണ് നല്ല ഇടയനാണ് യേശു എന്താണ് യേശു വലിയ ഇടയനാണ് യേശുവിനെക്കുറിച്ച് പത്രോസ് വേറൊരു കാര്യം പറയുന്നുണ്ട് ഒന്ന് പത്രോസ് അഞ്ചാമധ്യായം അഞ്ചാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അപ്പോൾ കർത്താവിനെ ഇവിടെ എന്താ പറയുന്നത് ശ്രേഷ്ഠ ശ്രേഷ്ഠ ഇടയൻ എന്നും അവിടെ പറയുന്നുണ്ട് പത്രോസ് തന്നെ പത്ര ദിവസ തന്നെ അവിടെ അതിൻ്റെ രണ്ടാമത്തെയായ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിലും ഒന്ന് പത്ര ദോസ് രണ്ടിൻ്റെ ഇരുപത്തിയഞ്ചിലും എന്ന് പറയുന്നുണ്ട് നിങ്ങൾ തെറ്റി ഉഴലുന്ന ആളുകളെപ്പോലെയായിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനും മടങ്ങി വന്നിരിക്കുന്നു കർത്താവിലേക്ക് കർത്താവിനെ കർത്താവിനെ ആത്മാക്കളുടെ ഇടയനായ കർത്താവിന് നമ്മളെ ആടുകളെപ്പോലെ പറഞ്ഞിരിക്കുന്നു കർത്താവിനെ ഇടയനെ പോലെ പറഞ്ഞിരിക്കുന്നു ഇടയനെ പോലെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ മൂന്നിടത്തും മൂന്നായിട്ടാണ് പറഞ്ഞേക്കുന്നത് നല്ല ഇടയനെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ഇടയനെന്ന് യോഹനാൻ്റെ സുവിശേഷം പത്താമധ്യായത്തിൽ പറയുന്നു അതുപോലെ തന്നെ കർത്താവ് ശ്രേഷ്ഠ ഇടയൻ ചീഫ് ഷെപ്പേഡ് ചീഫ് ഷെപ്പേഡെന്നാണ് നമ്മൾ പത്രോസില് കണ്ടത് എന്നാൽ എബ്രാഹ് ലേഖനത്തിൽ നമ്മൾ കണ്ടത് എന്താണ് ഗ്രേറ്റ് ഷെപ്പേഡെന്നാണ് അപ്പം കർത്താവ് ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് ഇത് മൂന്നുമാണ് കർത്താവ് നല്ല ഇടയനാകുന്നത് എങ്ങനെയാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ച് ജീവൻ കൊടുത്തത് കൊണ്ട് കർത്താവ് എന്താണ് കർത്താവ് നല്ല ഇടയനാണ് നല്ല ഇടയനാണ് ഇവിടെ നമ്മൾ വായിച്ച ഇരുപതാമത്തെ പതിമൂന്നിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയവനാണ് അതുകൊണ്ട് തന്നെ നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ഒരിറ്റേണൽ കവനൻറ്റിനാൽ കർത്താവ് എന്ത് ചെയ്തു നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട് കർത്താവ് എന്താണ് അവിടുന്ന് ഗ്രേറ്റ് ഷെപ്പേഡാണ് ഗ്രേറ്റ് ഷെപ്പേഡാണ് അതുപോലെ തന്നെ കർത്താവ് കർത്താവ് ഇടയ ശ്രേഷ്ഠനായിട്ട് പ്രത്യക്ഷപ്പെടും രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണല്ലോ ഒന്ന് പത്ര ദിവസം അഞ്ചിൻ്റെ നാലിൽ നമ്മൾ വായിച്ചത് അഞ്ജിൻ്റെ നാലിൽ വായിച്ചത് കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷത്തെക്കുറിച്ചാണ് അവിടെ കർത്താവ് എന്തായിട്ടാണ് കാണുന്നത് വിടയശ്രേഷ്ഠനായിട്ട് ഇന്ന് ഈ ലോകം പലപ്പോഴും കർത്താവിനെ ആ നിലയിൽ ഒരു ശ്രേഷ്ഠത കണ്ടു എന്ന് വരികയില്ല പക്ഷേ ഈ ലോകം മുഴുവൻ അവനെ ശ്രേഷ്ഠനായിട്ട് എന്ത് കാണും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കാണും ഏതായാലും നമുക്ക് കർത്താവിൻ്റെ കൈക്കലെ ആടുകളായ നമുക്കിപ്പോഴേ നമുക്കവനെ എന്തായിട്ട് കാണണം ഒന്ന് നല്ല ഇടയനായിട്ട് കാണണം കിരീക്ഷപ്പേടായിട്ട് കാണണം മൂന്ന് ഇടയശ്രേഷ്ഠനായിട്ട് ഇപ്പം തന്നെ നമ്മൾ കാണണം ഇവിടെ ഇതാ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇരുപതാമത്തെ വാക്യത്തിലേക്ക് വരാം നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായു അത്രയും നമുക്ക് ചിന്തിക്കാം ഏ കർത്താവ് വലിയയിടയനാണ് നല്ലയിടയനാണ് ഇടയശ്രേഷ്ഠനാണ് ഇതിനെക്കുറിച്ച് നിത്യനിയമത്തിൻ്റെ നിത്യനിയമം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിത്യനിയമം ഇത്തേണൽ കവന് നിത്യ നിയമം എന്ന് പറയുന്നത് ഈ എബ്രാ ലേഖനത്തിൽ പലയിടത്തും പലതിനെയും നിത്യതയോട് ചേർത്ത് പറയുന്നുണ്ട് എബ്രാ ലൈനും അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം കണ്ടോ താൻ സകലത്തിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണപൂല രക്ഷ എവിടെ എന്താ പറഞ്ഞേക്കുന്നത് ഇറ്റേണൽ ഇറ്റേണൽ സാൽവേഷൻ എന്നാ പറയുക അപ്പോൾ ഇറ്റേണൽ കവനൻറ്റിനെ കുറിച്ച് നമ്മൾ ഇരുപതാം പതിമൂന്നിൻ്റെ ഇരുപതും പറയുമ്പോൾ ഇബ്രാലേനത്തിൽ ഉടനീളം പല കാര്യങ്ങളോട് ചേർത്ത് ഇറ്റേണൽ എന്ന വാക്ക് കാണുന്നുണ്ട് സാൽവേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ള രക്ഷ എന്താണ് ഇറ്റേണൽ സാൽവേഷനാണ് നിത്യ രക്ഷയാണ് ആറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം കണ്ടോ ആറിൻ്റെ ആദ്യ നമ്മൾ അതുകൊണ്ട് നിർജ്ജീവി പ്രവർത്തികളെക്കുറിച്ചുള്ള വിശ്വാസം ഇതെല്ലാം വിട്ട് നിത്യ ശിക്ഷാവിധി രണ്ടാമത്തെ ആറിൻ്റെ രണ്ട് രണ്ട് നിത്യ ശിക്ഷാവിധി ഇറ്റേണൽ പണീഷ്മെൻറ്റ് അത് നമുക്കുണ്ടോ ഇല്ല നമുക്കല്ല ലോകമനുഷ്യർക്കുള്ളതാണ് അവർക്കും ശിക്ഷാവിധിയെക്കുറിച്ച് പറഞ്ഞപ്പം ഇറ്റേണൽ പണീഷ്മെൻറ്റ് ഈ അബ്രാഹിം ലേഖനഗാരൻ എല്ലാത്തിൻ്റെയും കൂടെ കഴിയുന്നിടത്തോളം ഇറ്റേണൽ ഇറ്റേണൽ എന്നുള്ള പ്രയോഗം ചേർക്കുന്ന ആളായിട്ടാണ് നമ്മൾ കാണുന്നത് ഒമ്പതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നോക്കുക ഒമ്പതാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുവറ്റന്മാരുടെ പശുക്കിടാകളുടെ രക്ത സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധമത്തിൽ പ്രവേശിച്ച് എന്തേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് എന്തേക്കുമുള്ള എന്തേക്കുമുള്ള എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇറ്റേണൽ നിലനിൽക്കുന്ന ഇറ്റേണൽ റിഡംഷൻ അപ്പോൾ ഇറ്റേണൽ സാൽവേഷനുണ്ട് ഇറ്റേണൽ റിഡംഷനുണ്ട് ഇറ്റേണൽ പണിഷ്മെൻറ്റുണ്ട് ഇറ്റേണൽ പണിഷ്മെൻ്റ് ദൈവത്തെ അറിയാത്ത ആളുകൾക്ക് എന്നാൽ നമുക്കോ ഇറ്റേണൽ സാൽവേഷനും ഇറ്റേണൽ റിഡംഷൻ എന്നുവെച്ചാൽ നിത്യ രക്ഷയും നിത്യ വീണ്ടെടുപ്പും നമുക്ക് ലഭിച്ചതിനെ എല്ലാം അതിനെ ഇറ്റേണൽ എന്ന് ചേർത്താണ് ഇവിടെ നമ്മൾ കാണുന്നത് നമുക്ക് ഒടുവിലായിട്ട് ഈ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കണ്ടു നിത്യ നിയമം അപ്പം നിത്യ നിയമമുണ്ട് നിത്യരക്ഷയുണ്ട് നിത്യ വീണ്ടെടുപ്പുണ്ട് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയവനായ നമ്മുടെ കർത്താവായ യേശു ആട്ടെ നമ്മൾ ഈ നീണ്ട സന്റൻസ് ആയതുകൊണ്ട് നമ്മൾ പകുതി വരെയാണ് ചിന്തിച്ചത് ഈ യേശുവിനെ എന്തോ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഈ യേശു അപ്പോൾ യേശുവിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ അവിടുന്ന് ഇടയനാണ് അതുപോലെ അവിടുന്ന് ഇറ്റേണലായ കാര്യങ്ങൾ കൊണ്ടുവന്നവനാണ് ഈ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം യേശുവിനെ എന്തോ ചെയ്തു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി മടക്കി വരുത്തി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം തന്നെ ഈ നിത്യ നിയമ നിത്യനിയമം നിയമത്തിൻ്റെ രക്തം എന്നൊക്കെയുള്ള നിത്യ നിയമത്തിന്റെ രക്തം നിത്യ നിയമത്തിന്റെ രക്തം എന്നൊരു പ്രയോഗം നമ്മൾ അവിടെ കാണുന്നുണ്ടല്ലോ സക്കിരിയാവിന്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ സക്കരിയാവിന്റെ പുസ്തകം ഹായി സക്കരിയാവ് സക്കരിയാവിന്റെ പുസ്തകം ഒൻപതാമധ്യായത്തിൽ ഒൻപതാം അദ്ധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം നോക്കുക നി ഏ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നിന്റെ നിയമരക്തം ഹേതുവായി നമ്മൾ എബ്രായർ പതിമൂന്നിൻ്റെ ഇരുപതിൽ നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞതിനാണ് നിത്യനിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞത് ഇവിടെ ഇതാ സെക്കരിയാവില് ആ കാര്യം പറയുന്നുണ്ട് നിന്റെ നിയമരക്തം ഹേതുവായി ഈ നിയമരക്തം ഹേതുവായി എന്തോ ചെയ്തു ഞാൻ നിന്റെ ബത്തരന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും കണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരളവിൽ ഒരു പ്രത്യാശയില്ലാതെ പ്രത്യാശയില്ലാതെ വെള്ളമില്ലാത്ത പൊട്ടക്കണക്കിൽ കടന്നതുപോലെയുള്ള ആളുകളാണ് നമ്മളെ എന്തോ ചെയ്തു നിത്യദൈവത്തിൻ്റെ രക്തത്താൽ ദൈവം വീണ്ടെടുത്തു ദൈവം വീണ്ടെടുത്തു അങ്ങനെയുള്ള നിത്യദൈവത്തിൻ്റെ രക്തത്താൽ യേശു നമ്മളെ വീണ്ടെടുത്തു ആ യേശുവിനെക്കുറിച്ച് തുടർന്ന് പറയുന്നു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയവനായ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത് എന്താ ഈ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം യേശു യേശുവിനെ എന്തോ ചെയ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം മടക്കി മടക്കി വരുത്തിയിട്ട് മടക്കി വരുത്തിയത് എന്തിനാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് രണ്ട് അനുഗ്രഹം തരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണേ അത് നീണ്ട സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാകുകയുള്ളൂ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയത് അതെന്തിനു വേണ്ടിയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞേക്ക യേശുവിനെ സത്യത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയത് താൻ പുത്രൻ തമ്പുരാനാണെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയൊക്കെ ആയിരുന്നു യേശുവിൻ്റെ ജയമാണ് പക്ഷേ യേശുവിൻ്റെ ജയത്തെക്കാൾ ഉപരിയായിട്ട് ഇതിനെ എന്തിനായിട്ട് എന്തിനോട് ചേർത്ത് പറഞ്ഞേക്കുന്നു നമുക്ക് വേണ്ടിയാണ് യേശുവിനെ ഈ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയത് അങ്ങനെ മടക്കി വരുത്തിയത് കൊണ്ട് യേശു എന്തോ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ് നമുക്ക് രണ്ട് അനുഗ്രഹങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ദൈവം തരുന്നു കർത്താവ് തരുന്നു നമ്മളെന്ത് ചെയ്യുന്നു എല്ലാത്തിലും എല്ലാ നല്ല പ്രവൃത്തിയിലും എല്ലാ നല്ല പ്രവൃത്തിയിലും നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നു ഇംഗ്ലീഷ് വായിച്ചാലാണ് അത് വ്യക്തമാകുന്നത് മേക്ക് യു പെർഫെക്റ്റ് ഇൻ എ ഗുഡ് വർക്ക് നമ്മളെന്തോ ചെയ്യുന്നു നമ്മളെ യേശു എല്ലാ നല്ല പ്രവൃത്തിയിലും പൂർണ്ണരാക്കുന്നു രണ്ടാമത് യേശു അവിടെ എന്താ ചെയ്യുന്നത് ഏ ആ തൻ്റെ ദൃഷ്ടിയിൽ തനിക്ക് പ്രസാദമുള്ളത് പ്രസാദമുള്ളത് നമ്മൾ നിവർത്തിച്ചെടുക്കുന്നു കണ്ടോ ഇത് നമ്മൾ വീട്ടിൽ പോയിരുന്ന് ധ്യാനിച്ചാലേ അത് ശരിക്ക് മനസ്സിലാകുള്ളൂ ഒന്നെന്ന് പറയുന്നത് കർത്താവ് എന്തോ ചെയ്യുന്നു അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുന്നു രണ്ട് തനിക്ക് പ്രസാദമുള്ളത് നിവർത്തിച്ചെടുക്കുന്നു പോട്ടെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയില്ലെങ്കിലും നമുക്ക് ഈ ഭാഗം വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത് ആരാ പ്രവൃത്തി ചെയ്യുന്നതാര നമ്മളെ നമുക്ക് വേണ്ടി ഈ പ്രവൃത്തി ചെയ്യുന്നതെല്ലാം കർത്താവാണ് ചെയ്യുന്നു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടങ്ങി വന്നു കർത്താവ് പുനരുദ്ധാനം ചെയ്ത് പാപത്തെയും മരണത്തെയും ജയിച്ചെഴുന്നേറ്റതെല്ലാം നമുക്ക് വേണ്ടിയാണ് ഒന്ന് നമ്മളെ ഇഷ്ടം ചെയ്യാൻ നമ്മളെ അങ്ങനെ പൂർണരാക്കി തീർക്കും ഇഷ്ടം ചെയ്യാൻ യഥാസ്ഥാനപ്പെടുത്തും പൂർണരാക്കി തീർക്കും നമ്മൾ പലപ്പോഴും വിചാരിച്ചിരുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ആര് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് നമ്മൾ ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ കണ്ടോ ഈ ഇഷ്ടം ചെയ്യാൻ നമ്മളെ പൂർണ്ണരാക്കി തീർക്കുന്നത് ആരാണെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത് കർത്താവണെന്നാണ് പറഞ്ഞേക്കുന്നത് കർത്താവാണ് എന്നിട്ട് നമ്മൾ വിചാരിച്ചത് ദൈവത്തിന് പ്രസാദമുള്ളത് നിവർത്തിച്ചെടുക്കേണ്ടത് ആരാണെന്നാണ് നമ്മൾ വിചാരിച്ചത് നമ്മൾ ആ ദൈവത്തിന് പ്രസാദമുള്ളത് നിവർത്തിച്ചെടുക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇവിടെ കണ്ടോ പ്രസാദമുള്ളത് നിവർത്തിച്ചെടുക്കുന്നത് ആരാ ഓ മരണത്തിൽ നിന്ന് മടങ്ങി വന്നവനായ കർത്താവ് നമുക്ക് വേണ്ടി അതായത് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഇത് ചിന്തിച്ചു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷയ്ക്കായിട്ട് നമ്മൾ ഭയത്തോടും വിറയിലോടും കൂടെ എത്ര പ്രവർത്തിച്ചെടുക്കുന്നുണ്ട് ഒരു വശത്ത് പ്രവർത്തിച്ചെടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ പ്രവർത്തിച്ചെടുക്കുന്നതിൻ്റെ ഒരു മഹത്വമൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ നമുക്കല്ല ആർക്കാം നമുക്കങ്ങനെ പ്രവർത്തിച്ചെടുക്കാൻ നമുക്കങ്ങനെ മനസ്സും ശക്തിയും തന്ന ദൈവത്തിനാണ് സകല മഹത്വം ഫിലിപ്പീർക്കെഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഉത്തരിച്ചത് ഫിലിപ്പീർക്കെഴുതിയ ലേഖനം ഫിലിപ്പീർക്കെഴുതിയ ലേഖനം അതിൻ്റെ രണ്ടാമധ്യായം രണ്ടാമധ്യായത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ കാര്യം പറഞ്ഞത് അതിലിപ്പോ ഞാൻ രണ്ടാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ അനുസരിച്ചതുപോലെ ഞാൻ അറിയത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീ നമ്മളെന്തോ വേണം നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഭയത്തോടും വിറയിലോടും കൂടെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണം പന്ത്രണ്ടാം വാക്യം അത് പറയുന്നു പതിമൂന്നാമത്തെ വാക്യമോ പതിമൂന്നാമത്തെ വാക്യം പറയുന്നു ഈച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നികളിൽ ദൈവമല്ലോ തിരുവെള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു കണ്ടോ പന്ത്രണ്ടാം വാക്യത്തിൽ രക്ഷ പ്രവർത്തിച്ചെടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് തന്നു നമുക്ക് തന്നു പതിമൂന്നാമത്തെ വാക്യത്തിലോ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആർക്കാണ് നമ്മിൽ ആ ചിന്തയും ആഗ്രഹവും പ്രവർത്തിപ്പാനുള്ള ശക്തിയും തന്നത് കർത്താവിനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ മഹത്വവും കർത്താവിന് പോവുകയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളാ ഭാഗം നമ്മൾ നേരത്തെയൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് അവിടെ ദൈവത്തിൻ്റെ സന്നദ്ധി നിൽക്കുമ്പോൾ അവരുടെ പാട്ടെന്താ ആ ഞങ്ങൾ ഞങ്ങൾ നല്ല മനുഷ്യരായതുകൊണ്ടും ഞങ്ങൾ വളരെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടും ഇനി വന്നു എന്നാണോ അവിടുത്തെ പാട്ട് അല്ല അവിടുത്തെ പാട്ടെന്താ കുഞ്ഞാടേ നീ അർക്കപ്പെട്ട് നിന്റെ ഗോത്രങ്ങളിലും ഭാഷകളിലും അംശങ്ങളിലുമുള്ള ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയല്ലോ എന്നവർ പാടുക അപ്പോൾ അവരുടെ പാട്ടിൻ്റെ മുഴുവൻ മഹത്വം ആർക്കാണ് കർത്താവിന് സത്യത്തിൽ അവരാരാ അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളിപ്പിച്ചവരാണ് അങ്കി അലക്കി വിളിപ്പിക്കണേലെന്തോ ഉണ്ട് ഒരധ്വാനമുണ്ട് സഹോരിമാർക്കറിയാമല്ലോ ഒരു ഒരു ഡ്രസ്സ് അലക്കി വെളിപ്പിക്കണമെങ്കിൽ എന്തോ ഉണ്ട് ആദ്യം അത് വെള്ളത്തിൽ മുക്കണം അടിക്കണം സോപ്പ് ഇടണം അലക്കി വെളിപ്പിക്കണമെങ്കിൽ അലക്കി വിളിപ്പിക്കണമെങ്കിൽ അധ്വാനമുണ്ട് അലക്കിയെല്ലാം വിളിപ്പിച്ചപ്പോൾ ഇതാ അലക്കി വിളിപ്പിച്ച സഹോരിക്കൊരു ഒരു പ്രശംസയില്ല ഇത് മുഴുവൻ ഇതിന് നിനക്ക് ഇച്ഛയും ആഗ്രഹവും തന്ന ദൈവത്തിനാണെന്ന് പറഞ്ഞ എന്ന് പറയുന്ന പോലൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നു ഇവർ മഹാകഷ്ണത്തിൽ നിന്ന് വന്നവർ ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്ങി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു അതാണ് സത്യം പക്ഷേ ആ പ്രവൃത്തി ചെയ്ത ആളുകളുടെ പാട്ടെന്തുവാ ഇതെല്ലാം രക്ഷ കുഞ്ഞാടിൻ്റെ ദാനം ദാനം ഞങ്ങൾക്കിതെല്ലാം ഞങ്ങൾ ഈ സ്വർഗത്തിലെത്തിയതൊന്നും ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല ദൈവമേ നിൻ്റെ നിൻ്റെ ഗിഫ്റ്റ് ആണ് നിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഈ കാര്യമാണ് ഇവിടെ ഈ കാണുന്നത് ഏതാ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവായി യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് പോലും നമുക്ക് വേണ്ടിയായിട്ടാണ് എന്നാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് എന്നിട്ട് കർത്താവ് അങ്ങനെ ജയാളിയായി വന്ന കർത്താവ് എന്തോ ചെയ്യും നമ്മളെ തൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നല്ല പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മളെ പെർഫെക്റ്റാക്കി തീർക്കും ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മിൽ പ്രവർത്തിച്ചെടുക്കുകയും ചെയ്യും പ്രവർത്തി മുഴുവൻ കർത്താവ് ചെയ്തുകൊള്ളു അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം ഒരു ഭാരപ്പെട്ടതാണ് എന്നുള്ളത് പിശാചിൻ്റെ ഒരു പോഷ്ക പക്ഷേ ഫലത്തെയും നമ്മൾ ചിലപ്പോൾ ഭാരപ്പെടുമല്ലോ അപ്പോഴെന്താണ് പറയേണ്ടത് ഈ ഭാരമെല്ലാം ഈ വാക്യത്തിലോട്ടൊക്കെ വരണം ഈ വാക്യമൊക്കെ വായിച്ചേച്ച് ഇത് അടിവരയൊക്കെ ഇട്ടിട്ട് താമരാനോട് പറയണം കർത്താവ് വേണ്ട എംബ്രായർ പതിമൂന്നിൻ്റെ ഇരുപത്തൊന്നിൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ നീ തന്നെയാണ് എന്നെ പെർഫെക്റ്റ് ആക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ അങ്ങ് പെർഫെക്റ്റ് ആക്കിയാട്ട് നീ തന്നെയാണല്ലോ നിനക്ക് പ്രസാദമുള്ളത് ചെയ്യാൻ എന്നിൽ ഈ കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അവിടുന്ന് തന്നെ നിവർത്തിച്ചെടുത്താട്ടെ ഞാൻ എൻ്റെ കൈ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സത്യത്തിൽ ദൈവത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ഭാരം എന്തു ചെയ്യും ഭാരം അലിഞ്ഞ് മാറിപ്പോകും നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ഏഹ് ഒരു സഹോരി എന്ത് ചെയ്യുമായിരുന്നു ഒരു സഹോരി ഒരു പാണ്ടക്കെട്ടും എടുത്തോണ്ട് പാണ്ടക്കെട്ട് എടുത്തോണ്ട് വഴിയെ നടന്നു പോവുക പാണ്ടക്കെട്ട് എടുത്തോണ്ട് വഴിയെ നടന്ന് പോവുക നടന്നു പോകുമ്പോഴാണ് ഒരു കുതിര വണ്ടിക്കാരൻ വന്നത് കുതിരവണ്ടിക്കാരൻ വിചാരിച്ചു ഈ ഈ പ്രായമായ സഹോരി ഈ പാണ്ടക്കെട്ടും ചുമന്നുകൊണ്ട് കഷ്ടപ്പെട്ട് നടക്കണ്ടല്ലോ ഏതായാലും വണ്ടി കാലി അടിച്ചു പോവുക ഇവിടെ കൂടെ വണ്ടിയെ കയറ്റി കളയാം എന്ന് വിചാരിച്ച് വണ്ടിയെ കയറ്റി വണ്ടിയെ കയറ്റി കുറേ കഴിഞ്ഞപ്പം ഈ കാള ഈ കുതിരവണ്ടിക്കാരെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ അവളുടെ തലേൽ ആ പാട്ടൊക്കെ ഇട്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ കുതിരവണ്ടി ഏതാണ് കർത്താവാണ് കർത്താവ കർത്താവ് തന്നെ ആ വണ്ടിക്കാരൻ്റെ കർത്താവ് നമ്മളെ ഈ വണ്ടിയെ കയറ്റി നമ്മളെന്തോ ചെയ്താൽ മതി നമ്മളിരീ തലയിൽ ഈ നമ്മുടെ ഈ ഭാരം എടുത്തു വയ്ക്കണ്ട ഈ ഭാരം ഏതോ വെച്ചാൽ ഈ കുതിരവണ്ടിയെ വെച്ചുകഴിഞ്ഞാൽ നിനക്ക് പാട്ടുപാടിയിരിക്കാം പക്ഷേ നമ്മളാരും പലരും പലപ്പോഴും പാട്ടുപാടാൻ മറന്നുപോകും പാണ്ടക്കെട്ട് എടുത്ത് ഇതേ വെക്കാൻ മറന്നുപോകും ഇത് നമ്മുടെ കുഴപ്പമാണ് കർത്താവിൻ്റെ കുഴപ്പമില്ല കുതിരവുണ്ടിക്കാരൻ്റെ കുഴപ്പമാണോ ഈ സ്ത്രീ പിന്നെ ഇതിൻ്റെ അകത്ത് ഇത്രയും നേരം ഇത് തലയിൽ വെച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണോ അല്ല അല്ല അല്ല പ്രിയപ്പെട്ടവർ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് നമുക്ക് നമുക്ക് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത് കർത്താവ് നമ്മളെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യാൻ നമ്മളെ അത് നിവർത്തിച്ചെടുക്കുന്നത് കർത്താവ് കർത്താവ് ഇതെല്ലാം ചെയ്യും അതും കണ്ടുകഴിഞ്ഞപ്പോൾ എബ്രാഹി ലഹന കാര്യം പറയുക അവൻ എന്തേക്കും മഹത്വം ആമീ അവിടെ ഒരളവില് എബ്രാഹിം ലഹന അങ്ങ് അവസാനിച്ചു ആമീനും പറഞ്ഞ് അങ്ങ് അവസാനിച്ചു കർത്താവിനെല്ലാം മഹത്വവും ആമീൻ എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് അവസാനിപ്പിച്ചിരിക്കുക ഇനി അടുത്ത ഒന്ന് രണ്ട് വാക്യങ്ങളിൽ വന്ദനങ്ങളുമൊക്കെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെന്താ പറഞ്ഞു വന്നത് നമ്മൾ പറഞ്ഞു വന്നത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ലേഖനത്തിൻ്റെ ഒടുവിൽ വരുമ്പോൾ ഉള്ള വാക്യങ്ങൾ അത്ര പ്രധാനമല്ലെന്ന് നമുക്ക് തോന്നാം എന്നാൽ അതെന്താ വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ് ഒന്നെന്തായിരുന്നു ഒന്നെന്ന് പറയുന്നത് എനിക്ക് ആ ആ നിലയിൽ ഞാൻ ഇച്ഛ വച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് എന്തുണ്ട് നല്ല മനസ്സാക്ഷിയുണ്ട് ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു രണ്ടാമത് നമ്മൾ പറഞ്ഞത് ദൈവം നമുക്ക് വേണ്ടി ഈ കാര്യങ്ങൾ നിവർത്തിക്കും നമ്മൾ അതിൻ്റെ ഭാരം എടുക്കണ്ട എന്നും നമ്മൾ പറഞ്ഞു നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ എത്രയും സമർപ്പിച്ചു